അധ്യായം അൻപത്തിനാല് അൽ ഹമദ് മക്കയിൽ അവതരിച്ചത് ഒന്നാമത്തെ സൂക്തത്തിൽ ചന്ദ്രൻ പിളർന്ന കാര്യം പറഞ്ഞിട്ടുള്ളതാണ് ഈ അദ്ധ്യായത്തിന് ഇപ്രകാരം പേർ നൽകപ്പെടാൻ കാരണം ആ അന്ത്യസമയം അടുത്തു ചന്ദ്രൻ പിളരുകയും ചെയ്തു ഏതൊരു ദൃഷ്ടാന്തം അവർ കാണുകയാണെങ്കിലും അവർ പിന്തിരിഞ്ഞു കളയുകയും ഇത് നിലനിന്നു വരുന്ന ജാലവിദ്യയാവുന്നു എന്ന് അവർ പറയുകയും ചെയ്യും وكذبوا واتبعوا اهواءهم وكل امر مستقيم اവർ നിഷേധിച്ചു തള്ളുകയും തങ്ങളുടെ തന്നിഷ്ടങ്ങളെ പിന്തുടരുകയും ചെയ്തിരിക്കുന്നു ഏതൊരു കാര്യവും ഒരു നിശ്ചിത സ്ഥാനം പ്രാപിക്കనതാകുന്നു വലഖദജാഅഹും മിനൽ അൻദ ദൈവനിഷേധത്തിൽ നിന്ന് അവർ ഒഴിഞ്ഞുനിൽക്കാൻ പര്യാപ്തമായ കാര്യങ്ങളടങ്ങിയ ചില വൃത്താന്തങ്ങൾ തീർച്ചയായും അവർക്ക് വന്നുകിട്ടിയിട്ടുണ്ട് അതെ പരിപൂർണമായ വിജ്ഞാനം എന്നിട്ടും താക്കീതുകൾ പര്യാപ്തമാകുന്നില്ല فَتَوَلَّى عَنْهُمْ يَوْمَ يَدْعُو الدَّاعِي إِلَى شَيْءٍ نُكُرْ آگیاൽ നബിയെ നീ അവരിൽ നിന്ന് പിന്തിരിഞ്ഞു കളയുക അനിഷ്ടകരമായ ഒരു കാര്യത്തിലേക്ക് വിളിക്കുന്നവൻ വിളിക്കുന്ന ദിവസം خش عن ابصارهم يخرجون من الاجداف كانهم جراد منتش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 പലകകളും ആണികളുമുള്ള ഒരു കപ്പലിൽ അദ്ദേഹത്തെ നാം വഹിക്കുകയും ചെയ്തു നമ്മുടെ മേൽനോട്ടത്തിൽ അത് സഞ്ചരിക്കുന്നു നിഷേധിച്ചു തള്ളപ്പെട്ടിരുന്ന ദൈവദൂതനുള്ള പ്രതിഫലമത്രേ അത് ولا قد ترسناها ايه فهل من مدكر تيർച്ചയായും ആ പ്രളയത്തെ നാം ഒരു दृष्टാന്തമായി അവശേഷിപ്പിച്ചിരിക്കുന്നു എന്നാൽ ആലോചിച്ച് മനസ്സിലാക്കുന്നവരായി ആരെങ്കിലും ഉണ്ടോ തകൈഫ കാന അദാബി വനദ അപ്പോൾ എൻടെ ശിക്ഷയും താക്കീതുകളും എങ്ങനെയായിരുന്നു എന്ന് നോക്കുക ولا قد يصدن القران للذكر فمن مدكر تيർച്ചയായും आलोചിച്ച് മനസ്സിലാക്കാൻ ഖുർആൻ നാം എളുപ്പമുള്ളതായി കരുതുന്നു എന്നാൽ आलोചിച്ച് മനസ്സിലാക്കുന്നവരായി ആരെങ്കിലും ഉണ്ടോ കദബത് ആദു ഫകൈഫ കാന അദാബി വനദർ ആദ് സമൂടയം സത്യത്തെ നിഷേധിച്ചു കളഞ്ഞു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 കടപുഴകി വീഴുന്ന ഈന്തപ്പന തടികളെന്നോണം അത് മനുഷ്യരെ പരിച്ചെറിഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ എന്റെ ശിക്ഷയും എന്റെ താക്കീതുകളും എങ്ങനെയായിരുന്നു എന്ന് നോക്കുക وَلَقَدْ يَسَّرْنَا الْقُرْآنَ لِذِّكْرِ فَهَلْ مِنْ مُدَّكِرِ تِرْشَيَايُمْ آلُوْجِچُّ مَنَسِلَا كُوَانْ قُرْآنْ نَامْ إِلُبْبَ مُلَّ دَا كِيرِكُمُمْ يَنَّعَلْ آلُوْجِچُّ مَنَسِلَا كُوْنَبَرَائِ آرَنْكِرِ مُنْدُو كَذَّبَتْ ثَمُودُ بِالنُّذُرْ ثَمُودُ س അങ്ങനെ അവർ പറഞ്ഞു നമ്മളിൽപ്പെട്ട ഒരു മനുഷ്യനെ ഒറ്റപ്പെട്ട ഒരുത്തനെ നാം പിന്തുടരുകയോ എങ്കിൽ തീർച്ചയായും നാം വഴിപിഴവിലും ബുദ്ധിശൂന്യതയിലും തന്നെയായിരിക്കും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 തീർച്ചയായും ആലോചിച്ചു മനസ്സിലാക്കുവാൻ കുർആൻ നാം എളുപ്പമുള്ളതാക്കിയിരിക്കുന്നു എന്നാൽ ആലോചിച്ചു മനസ്സിലാക്കുന്നവരായി ആരെങ്കിലുമുണ്ടോ ലോത്തിന്റെ ജനത താക്കീതുകളെ നിഷേധിച്ചു കളഞ്ഞു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 وَلَقَدْ يَسَّرْنَا الْقُرْآنَ لِلذِّكْرِ فَهَلْ مِمْ مُدَّكِرُ تِيرْچَيَآيُمْ آلوجِكَّ مَنَسِلَا كُنَّ دِنَي قُرْآنْ نَامْ إِلُوبَّ مُلَّ دَا كِيرِ كُنَّ أَنَّالْ آلوجِكَّ مَنَسِلَا كُنَّ وَرَائِ آرَنْكِرُ مُنْدَو وَلَقَدْ جَاءَ آلَ فِرْعَوْنَ النُّذُرْ فِرْعَوْنَ ك അവർ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ മുഴുവൻ നിഷേധിച്ചു തള്ളിക്കളഞ്ഞു അപ്പോൾ പ്രതാപിയും ശക്തനുമായ ഒരുത്തൻ പിടികൂടുന്ന നാം അവരെ പിടികൂടി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 തന്നെയുമല്ല ആ അന്ത്യസമയമാകുന്നു അവർക്കുള്ള നിശ്ചിത സന്ദർഭം ആ അന്ത്യസമയം ഏറ്റവും ആപൽക്കരവും അത്യന്തം കൈപ്പേറിയതുമാകുന്നു തീർച്ചയായും ആ കുറ്റവാളികൾ വഴിപിഴവിലും ബുദ്ധിശൂന്യതയിലുമാകുന്നു നിലത്തുകുത്തിയ നിലയിൽ അവർ നരകാഗ്നിയിലൂടെ വലിച്ചിഴക്കപ്പെടുന്ന ദിവസം അവരോട് പറയപ്പെടും നിങ്ങൾ നരകത്തിന്റെ സ്പർശനം അനുഭവിച്ചുകൊള്ളുക തീർച്ചയായും ഏതു വസ്തുവേയും നാം സൃഷ്ടിച്ചിട്ടുള്ളത് ഒരു വ്യവസ്ഥപ്രകാരമാകുന്നു നമ്മുടെ കൽപ്പന ഒരൊറ്റ പ്രഖ്യാപനം മാത്രമാകുന്നു കണ്ണിന്റെ ഒരു ഇമവെട്ടൽ പോലെ ും സത്യനിഷേധികളെ തീർച്ചയായും നിങ്ങളുടെ കക്ഷിക്കാരെ നാം നശിപ്പിക്കുകയുണ്ടായിട്ടുണ്ട് എന്നാൽ ആലോചിച്ചു മനസ്സിലാക്കുന്നവരായി ആരെങ്കിലുമുണ്ടോ അവർ പ്രവർത്തിച്ച ഏത് കാര്യവും രേഖകളിലുണ്ട് ഏത് ചെറിയ കാര്യവും വലിയ കാര്യവും രേഖപ്പെടുത്തിവെക്കപ്പെടുന്നതാണ് തീർച്ചയായും ധർമ്മനിഷ്ഠ പാലിച്ചവർ ഉദ്യാനങ്ങളിലും അരുവികളിലുമായിരിക്കും في مقعد صدقين عند ملیک مقتدر ستتتندا ارپدتل شكتنا يا راجاويند اڑکل